അങ്ങനെ അവരിലെ ആദ്യത്തെ വാഗ്ദാനം വന്നപ്പോൾ കഠിനമായ കരുത്തുള്ള നമ്മുടെ ചില ദാസന്മാരെ ഞങ്ങൾ നിങ്ങളുടെ മേൽ അയച്ചു അവർ വീടുകൾക്കിടയിലൂടെ അരിച്ചുപെറുക്കി അത് നടപ്പിലാക്കപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു